നബിയെ പറയുക എന്റെ ജനങ്ങളെ നിങ്ങളുടെ സ്ഥാനത്തുനിന്ന് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക തീർച്ചയായും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പരലോകത്തിന്റെ അനന്തരഫലം ആർക്കായിരിക്കും എന്ന് നിങ്ങൾ വൈകാതെ അറിയും തീർച്ചയായും അക്രമികൾ വിജയിക്കുകയില്ല